ൂറിന മൈല്ലാ ഫല മദുല്ല മൈ മുലാ ഹാദിയ اذ و لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسلهم بالهدى ودين الحق ليظهره على الدين كله ولو كره المشركو اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد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 فأوحى إلى عبده ما أوحى ما كذب الفؤاد ما رآه فتمالونه على ما يراه ولكذ رآه نزلة أخرى عند صدرة المنتهى عندها جنة الموى إذ يغشى الصدرة ما يغشى ما زاغ البصر وما تغى ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മുത്തത്തികളായി ജീവിച്ച് മുത്തത്തികളായ നിലയ്ക്ക് തന്നെ മരണം സ്വീകരിക്കാൻ എല്ലാവരെയും എന്നെയും ഞാൻ ആദ്യമായി ഉണർത്തുകയാണ് ഇസ്രാ മിഹറാജ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു വലിയ സംഭവമാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹലി വസ്സല്ലമേക്ക് സംഭവിച്ച ഒരു വലിയ മർജിസത്ത് പ്രസക്തമായ പ്രാധാന്യമർഹിക്കുന്ന ഒരു അമാനുഷിക സംഭവം വിശുദ്ധ വൃഹാൻ എന്ന അത്ഭുതം അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവിസ്ലമുക്ക് നൽകപ്പെട്ട അമാനുഷിക ദൃഷ്ടാന്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതേപോലെ തന്നെ ആ വിശുദ്ധ ഖുർഹാൻ എന്ന മോൾജിതത്ത് കഴിഞ്ഞാൽ നബിസല്ലാഹു അലൈവല്ല സംഭവിച്ച ഈ ഇസ്രായേൽ നിരാജന സംഭവം വളരെ പ്രാധാന്യം അർഹിക്കുന്ന നബിയുടെ മോൾജിതത്താണ് വിശുദ്ധ ഖുർഹാന്റെ മോൾജിതത്തിനെ കുറിച്ച് നബിസല്ലാഹു അലൈവല്ല പറഞ്ഞു അബി അള്ളു അൻ റസൂൽ അള്ളാഹിസ് അലൈവല്ലം കാല من من رواه البخاري ومسلم نبي صلى الله عليه ു അള്ളാഹുസുബാനുഹുത്ത നിയോഗിച്ചയച്ച പ്രവാചകന്മാരെല്ലാവരും ഒരാളും ഒഴിവില്ല അവരേതൊരു സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ടുപോ ആ സമൂഹം സത്യസന്ധമായി നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരാണ് അവർ എന്ന് മനസ്സിലാകത്തക്ക വിധത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ കൊടുത്തിട്ടല്ലാതെ ഒരു നവ്യം വന്നിട്ടില്ല എന്നാൽ എനിക്ക് നൽകപ്പെട്ട ദൃഷ്ടാന്തം എന്ന് പറയുന്നത് എനിക്ക് അള്ളാഹു അറിയിച്ചു തന്ന ഈ വഹിയാണ് അതോ ആ വിശുദ്ധ കൂട്ടാനാണ് മാത്രമല്ല ഓരോ പ്രവാചകന്മാരും അവരുടെ അനുയായികളിയുമായി സയാമെന്നാളിൽ ഉയർത്തെപ്പിക്കപ്പെട്ട് പടച്ചവന്റെ മുമ്പിൽ ഹാജരാകുന്ന ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പിൻപറ്റിയ ആളുകൾ ഏറ്റവും കൂടുതൽ അനുയായികൾ ഉള്ള ആൾ ഞാനാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നെനിക്ക് സന്താനത്തിൽ പറഞ്ഞു അപ്പൊ വിഷുദ്ധ ഖുഹാൻ മറ്റെല്ലാ പ്രവാചകന്മാർക്കും അവർക്ക് അനുയോജ്യമായ ദൃഷ്ടാന്തങ്ങൾ ആയാത്തുകൾ മോൾസത്തുകൾ ഉള്ളവർ കൊടുത്തതുപോലെ നബിക്ക് സല്ലാ അലൈവില്ലമയ്ക്ക് കുറാങ്കുത്തിലുണ്ട് എന്നാൽ ആ ദൃഷ്ടാന്തങ്ങളുടെ കൂട്ടത്തിൽ പല ദൃഷ്ടാന്തങ്ങളും ലബിക്ക് കൊടുത്ത കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടവന്നാണ് ഇസ്രായേൽ മീറാജ് രണ്ട് സംഭവങ്ങൾ നബി സല്ലാഹു അലൈവുസല്ലമയുടെ ഏറ്റവും വിഷമകരമായ ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു അത്ഭുതം കൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന് ക്ഷമ നൽകുകയും ആശ്വാസം നൽകുകയും ധൈര്യം കൊടുക്കുകയും ചെയ്തു ശത്രുക്കൾ അതിശക്തമായി അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുകയും ഇസ്ലാമിക ദൈവത്തിന് പ്രഹാരമേൽപ്പിക്കുകയും ചെയ്ത ഒരു സന്ദർഭം മാത്രമല്ല അദ്ദേഹത്തിന്റെ പിതൃവിനായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു സംരക്ഷണം പലപ്പോഴും ആളുകൾ ഉപദ്രവിക്കാൻ വരുമ്പോൾ തന്റെ പിതൃവ്യ ആരാണ് ഉപദ്രവിക്കുന്നത് എന്ന് ചോദ്യം ചെയ്ത് അദ്ദേഹത്തിന് സംരക്ഷണം കൊടുത്തിരുന്ന അബു താലിം ായിരുന്നു അദ്ദേഹം മരണപ്പെട്ടു സാമ്പത്തികമായ നിലക്കും ആശ്വാസവചനങ്ങൾ കൊണ്ടും അദ്ദേഹത്തിന്റെ കൂടെ എല്ലാ സമയങ്ങളിലും ആശ്വാസവും സഹായവും പിന്തുണയും സമാധാനിപ്പിക്കാനുമായി കൂടെയുണ്ടായിരുന്ന സഹദർമിണി ഹദീജ നദി അള്ളാമൻ വലിയ കാലപരിധിയില്ലാതെ അവരും മരണപ്പെട്ടു നരിയും വിശ്വാസികളെയും ഷാബ് അബു താലിബ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മാസങ്ങളോളം എന്ന് പറയുന്നുണ്ട് വർഷങ്ങളോളം എന്നും പറയുന്നുണ്ട് മൂന്ന് മാസം മൂന്ന് കൊല്ലം രണ്ട് ഹൗല് തിരിവായത്തിലുണ്ട് ഏതായാലും അവരോട് ഒരു സഹകരണവുമില്ലാതെ നിസ്സഹകരണം നമ്മളെ മുവാഹിദിങ്ങളെ ഭീമാ പള്ളിയിലൊക്കെ ചെയ്ത മാതിരി എന്ത് മുഹിദികളായ ആളുകൾ അവരോട് മിണ്ടാൻ പാടില്ല അവരെ ചികിത്സിക്കാൻ അവരെ ഡോക്ടർമാര് ചികിത്സിക്കാൻ പാടില്ല പിടിയിൽ വന്നാൽ സാധനം കൊടുക്കാൻ പാടില്ല അങ്ങനെ ബഹിഷ്കരണം ഉണ്ടല്ലോ അള്ളാമിന് മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഭീമാപള്ളിയിലുള്ള ഏതാനും വവാഹിദുകളെ അവിടെയുള്ള ആളുകൾ ബഹിഷ്കരിച്ചു നിരന്തരമായ പീഡനം നബിസല്ലാഹു നബിലാമുക്കും ഇതേമാതിരി സംഭവിക്കാണ് എന്താണ് അവർക്ക് സാധനങ്ങൾ കൊടുക്കാൻ പാടില്ല അവരെന്തെങ്കിലും വിൽക്കാൻ വന്നാൽ സാധനം വാങ്ങാൻ പാടില്ല ഭക്ഷണം കൊടുക്കാൻ പാടില്ല മിണ്ടാൻ പാടില്ല സഹകരിക്കാൻ പാടില്ല കുടുംബബന്ധം ചേർക്കാൻ പാടില്ല എല്ലാ നിരക്കും നിസ്സഹകരണം ഇങ്ങനെ വിഷമാവസ്ഥകളും നാനാഭാഗങ്ങളിൽ നിന്നും ഒരു തിരമാലകൾ പോലെ അദ്ദേഹത്തെ വലയം ചെയ്തു വിശ്വാസികളെ വലയം ചെയ്തൊരു സന്ദർഭത്തിലാണ് ഇസ്രായേൽ രാറാജ്യ എന്ന സംഭവം ഉണ്ടാകുന്നത് ഇസ്രേൽ എന്ന് പറഞ്ഞാൽ മക്കാ രാജ്യത്ത് നിന്ന് വളരെ ദൂരെ കിടക്കുന്ന ഫലസ്തീൻ അവിടെയുള്ള വൈത്തുൻ മഖദസിലേക്ക് ഒറ്റ രാത്രി കൊണ്ട് നബിസല്ലാസ്ലം സഞ്ചരിച്ചു ആ ബൈത്തുൽ മകദസിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ആകാശങ്ങളിലേക്ക് കയറി അവിടെ നിന്ന് സിദ്ദ്രുൽ മുത്തഹ അവിടെ എത്തിറത്തിൽ മുത്ത ഇടപുകളിലുള്ള ബൈത്തുൽ മാമൂർ അവിടെ നിന്ന് അള്ളാഹുസുബൻ ജിബിരിൽ അലിസ്ലാത്തു വസ്സലാമിന്റെ വാസ്യത്തോടുകൂടി മാധ്യമത്തോടു കൂടി അദ്ദേഹത്തിന് ഒരുപാട് സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും വഴിയായി അറിയിച്ചു ചുരുക്കത്തിൽ ഇതാണ് ഇസ്രായു മീറാജ് എന്ന് പറയുന്നത് മീറാജ് എന്ന് പറഞ്ഞാൽ കയറ്റവും ഇസ്രായെന്ന് പറഞ്ഞാൽ രാത്രിയാത്രയുമാണ് നടത്തുന്നത് അതിനെ സൂചിപ്പിച്ചുകൊണ്ട് ഒരുത്തൻ എത്ര പരിശുദ്ധൻ എങ്ങനെയുള്ള അള്ളാഹു ലൈലൻ ഒരു രാത്രിയിൽ രാത്രിയിൽ അദ്ദേഹത്തെ യാത്ര ചെയ്യിപ്പിച്ചു യാത്രയിൽ രാത്രിയിൽ അദ്ദേഹത്തെ കൊണ്ടുപോയി മിനൽ മസ്ജിദുൽ ഹറാം മസ്ജിദുൽ ഹറാമിൽ അക്സയിലേക്ക് കൊണ്ടുപോയി അല്ലു ആ മസ്ജിദ് ചുറ്റുപാടുമുള്ള പ്രദേശങ്ങൾ പടച്ചവന്റെ പല അനുഗ്രഹങ്ങൾക്കും വിധേയമായ സ്ഥലമാണ് നല്ല കൃഷി നല്ല വിഭവങ്ങൾ നല്ല സമാധാനപരമായ അന്തരീക്ഷം നല്ല കാലാവസ്ഥ നല്ല മണ്ണ് എല്ലാ അർത്ഥത്തിലും സമ്പുഷ്ടമായ ഒരു പ്രദേശം ആ പ്രദേശത്ത് സിജി ചെയ്യുന്ന മസ്ജിദ് ഉൽ അക്സയിലേക്ക് കൊണ്ടുപോയി നമ്മുടെ ആയാത്തുകളിൽ നിന്ന് അടയാളങ്ങളിൽ നിന്ന് ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇന്നഹൂസ് ബസ്സുകൾ അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ് ഇങ്ങനെ ഈ ഒരു രാത്രി ജിബിരി അലിഹിസ്ലാത്തു വസ്ലാം വന്ന് ബുറാഖ് എന്ന് പറയുന്ന ഒരു വാഹനത്തിൽ കയറ്റി ഒരൊറ്റ രാത്രി കൊണ്ട് മസ്ജിദുൽ അക്സയിലെത്തിക്കുകയും അവിടെ അള്ളാഹു നബിസ് വസ്ലമെ അമ്പിയാക്കന്മാരെ ഒരുമിച്ച് കൂട്ടിക്കൊടുക്കുകയും അവിടെ വെച്ച് ഈസാ നബി അലി ഇസ്ലാമിനെയും മൂസാ നബി അലി ഇസ്ലാമിനെയും മറ്റ് പ്രവാചകന്മാരെയും ഒക്കെ അവർ നമസ്കരിക്കുന്നത് കാണുകയും അങ്ങനെ അവർക്ക് ഇമാമായി മഹമ്മദ് മുസ്തഫ സാഹു അലൈവലം നമസ്കരിക്കുകയും ചെയ്തു ആ ബൈത്തുൽ മഖദീസിൽ നിന്ന് നബിസല്ലാഹു അലൈവസ് അള്ളാഹു ജിബിലിത്തു വസ്സലാമിന്റെ കൂടെ ആ സുഹൃപത്തോടുകൂടി ആ സഹവാസത്തോടുകൂടി ആകാശ ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ് ഒന്നാം ആകാശത്തെത്തിയപ്പോൾ അത് തുറക്കാൻ ആവശ്യപ്പെടുന്നു ആരാണെന്ന് ചോദിക്കുന്നു അല്ലാ വസ്സലമയുടെ പേര് പറയുന്നു അപ്പോൾ അത് പലർക്കെ തുറന്ന് അവിടെ ആദം അലൈഹി സ്വലാമിനെ കാണുന്നു നബിസ് അല്ലാഹു അലൈവലമി അദ്ദേഹം സ്വാഗതം ചെയ്യുന്നു സലാം പറയുന്നു സലാം നടക്കുന്നു മാത്രമല്ല ഏറ്റവും ഒടുവിലെ പ്രവാചകനായി മനസ്സിലെന്നും നിശ്ചയിച്ച് ആ പ്രവാചകത്വത്തെ അംഗീകരിച്ചു കൊണ്ട് പറയുന്നു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ വലഭാഗത്ത് കുറെ സൌഭാഗ്യവാന്മാരായ സൽക്കർമ്മകാരികളായ ആളുകൾ ഇരിക്കുന്നു അങ്ങോട്ട് നോക്കുമ്പോൾ അദ്ദേഹം ജീവിക്കുന്നു ഇടഭാഗത്ത് ദൗർഭാഗ്യത്തിന്റെയും ശിക്ഷ നിർബന്ധമായ നിർഭാഗ്യവാന്മാരായ ആളുകൾ ഇരിക്കുന്നു അങ്ങോട്ട് നോക്കുമ്പോൾ അദ്ദേഹം കരയുന്നു ആദം നബി അലൈഹി സ്ലാമിന് അടുക്കൽ നിന്ന് രണ്ടാമത്തെ ആകാശത്തിലേക്കാണ് മുഹമ്മദ് നബിസ്ഹുഅലൈ വസ്ലമയെ കൊണ്ടുപോകുന്നത് അവിടെ നബി സല്ലാഹു അലൈ വസ്ലം കാണുന്നത് രണ്ടാം ആകാശത്തിലേക്ക് അദ്ദേഹം കയറുമ്പോൾ അവിടെ അദ്ദേഹം കാണുന്നത് വസ്സലാം യഹ്യാ നബിയെയും അതുപോലെ തന്നെ ഈസബിനും അറിയാം ഈസഅ അലൈഹി സ്വലാത്തു വസ്സലാമിനെയുമാണ് കാണുന്നത് അവിടെയും അവർക്ക് സലാം അവർ സലാം പറയുന്നു സലാം അടക്കുന്നു സ്വാഗതം ചെയ്യുന്നു പ്രവാചകത്വത്തെ അംഗീകരിക്കുന്നു മുഹമ്മദ് മുസ്ഫലു അലൈഹി വസ്ലാം ഏറ്റവും ഒടുവിലെ പ്രവാചകനായി അള്ളാഹു നിയോഗിച്ചവരാണ് എന്ന് ഈ പ്രവാചകന്മാർ അവിടെ സമ്മതിച്ചു പറയുന്നു അംഗീകരിക്കുന്നു അങ്ങനെ പിന്നെ മൂന്നാം ആകാശത്തിലേക്ക് പോകുന്നു അവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്നു യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാ പറയുന്നു സ്വാഗതം ചെയ്യുന്നു പ്രവാചകത്വത്തെ അംഗീകരിക്കുന്നു പിന്നെ നാലാം ആകാശത്തിലേക്ക് ആയിപ്പോകുന്നു അവിടെ ഒക്കെ നബി സല്ലാഹു അലൈഹി സ്വലം ചെല്ലുമ്പോൾ പേരന്വേഷിക്കുകയും വാതിൽ തുറക്കപ്പെടുകയും കയറി ചെല്ലുകയും ഈ പ്രവാചകന്മാരുമായി സന്ധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവിടെ അദ്ദേഹം കാണുന്നത് നാലാം ആകാശത്തിൽ കാണുന്നത് ഇദിരി അലൈഹി സ്വലാത്തു വസ്സലാമനാണ് അവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിച്ച് നബിസ് അല്ലാഹുഅലി വസ്ലം അഞ്ചാം ആകാശത്തിലേക്ക് കയറുമ്പോൾ അവിടെ ഹാറൂൻ അലി സ്വലാത്തു വസ്സലാം ഹാറു മൂസ അലി അലി സഹോദരൻ ഹാറുവിനെ കാണുന്നു അവിടെ നാലാം ആകാശത്തിലേക്ക് പോകുമ്പോൾ മൂസ അലി സ്വലാത്തു കാണുന്നു അദ്ദേഹം സലാം പറയുന്നു സ്വാഗതം ചെയ്യുന്നു പ്രവാചകത്വം അംഗീകരിക്കുന്നു മാത്രമല്ല മുഹമ്മദ് നബി സല്ല അഹ് അലൈഹി സ്വലം ഏഴാം ആകാശത്തിലേക്ക് കയറാൻ പോകുമ്പോൾ അദ്ദേഹം കരയുന്നു എന്താണ് മൂസ കരയാൻ കാരണം അതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്ക് എത്രയോ കാലങ്ങൾക്ക് ശേഷം പ്രവാചകൻ മഹമ്മദ് അദ്ദേഹത്തിന്റെ അനുയായികളാണ് സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ പ്രവേശിക്കുന്നത് എന്നത് എന്റെ കൂടെയുള്ള അനുയായികൾ എന്റെ സമുദായത്തിന് അങ്ങനെയുള്ള ബാഖ്യമില്ലല്ലോ എന്നതാണ് അദ്ദേഹത്തെ ദുഃഖിപ്പിച്ച വസ്തുത അങ്ങനെ മൂസാദ് അലി അലി ഇസ്ലാമിന്റെ അടുക്കൽ നിന്ന് അദ്ദേഹം പിന്നെ അടുത്ത ആകാശത്തിലേക്ക് കാരി പോവുകയാണ് അഥവാ ഏഴാം ആകാശത്തിലേക്ക് ആ ഏഴാം ആകാശത്തിനും കാണുന്നത് ഇബ്രാഹിം അലി സ്വലാത്തു വസ്സലാമിനെയാണ് അപ്പോ മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്സലാം ഏഴാം ആകാശത്തിലെത്തി അവിടെ ഇബ്രാഹിം അലിസ്ലാമിനെ കാണുന്നു ഇദ്ദേഹം നടന്നുപോലെയുള്ള സംഭവങ്ങളൊക്കെ കാണുന്നു സ്ലാം പറയുന്നു സ്വാഗതം ചെയ്യുന്നു കൂടിക്കാഴ്ചകൾ നടക്കുന്നു അവിടെ നിന്ന് അദ്ദേഹത്തെയും കൊണ്ട് ഇബ്രിൽ അലൈഹി സ്വലാത്തു വസ്സലാം മുന്തഹ മുന്തഹ എന്ന് പറഞ്ഞാൽ അത് ഒരു അതിർത്തിയാണ് സൃഷ്ടികൾക്കെല്ലാം ചെല്ലാവുന്ന ഒരു പരിധി അവിടെ അവിടെ അങ്ങോട്ട് സൃഷ്ടികൾക്കാർക്കും പിന്നെ പ്രവേശനമില്ല അതുകൊണ്ടാണ് മുന്തഹ എന്ന് പറയുന്നത് അവിടെയുള്ള ഒരു മരം നബിസ് പരിചയപ്പെടുത്തി ആ മരത്തിന്റെ കായ യമനിലെ ഹജർ എന്ന് പറഞ്ഞുള്ള പ്രദേശത്തുള്ള ഒരു വലിയ കുടുക്ക ജാറ് പോലെയാണ് വലിയ വട്ടത്തിൽ വലിയ വണ്ണത്തിൽ വലിയ ഉരുണ്ട ഫലങ്ങളാണ് ആ മരത്തിൽ കാഴ്ച നിൽക്കുന്നത് അതിന്റെ ഇലകൾ ആദാന ആനകളുടെ ചെവി പോലെ വലിപ്പമുള്ള ഇലകളാണ് ആ മരത്തിനുള്ളത് അങ്ങനെ ആ സദായിൽ നബി സല്ലാ അലൈവിസ്ലമെ കൊണ്ടെത്തിച്ചു അവിടെ നിന്ന് നബി സല്ലാ അലൈവിസ്ലം ബൈത്തുൽ മെമ്മോറിയിലേക്ക് പോകുന്നു ആ ബൈത്തുൽ മെമ്മോറിയിൽ നിന്ന് നബിസ് അള്ളാഹുബാൻ അവന്റെ നിർദ്ദേശങ്ങൾ അടങ്ങുന്ന കൽപ്പനടങ്ങടങ്ങുന്ന സന്ദേശങ്ങൾ വഹിയായി അറിയിച്ചു കൊടുക്കുന്നുണ്ടാണ് വിശുദ്ധ സൂറത്തു നജിമിന്റെ ആരംഭത്തിൽ ഏതാനും വചനങ്ങൾ അള്ളാഹു സുബാനുൽക്കുവഹ സാഹു അലൈഹി പഠിപ്പിച്ചത് അഥവാ അത് എത്തിച്ചു കൊടുത്തത് ഷതീദുൽക്കുവ നല്ല ശക്തിയുള്ള ജിബിരിൽ അലഹി സ്വലാത്തു വസ്സലാമിന്റെ സിബത്താണത് കാരണം വഹിയവിടെ സുരക്ഷിതമാകണം ആ വഹിയിൽ കൃത്രിമങ്ങൾ വരാൻ പാടില്ല ആർക്കെങ്കിലും അതിൽ എത്തി നോക്കാൻ പാടില്ല ഏതെങ്കിലും പിശാചിക്കൾക്ക് ആ വഹിയിൽ അവന്റെ വക കൂട്ടിച്ചേർക്കാൻ പാടില്ല ഏതൊരാൾക്കും പേടിപ്പെടുത്തുന്ന ശക്തിയും വിശ്വസ്തതയും അങ്ങനെ ആന്തരികവും ബാഹികവുമായ മുഴുവൻ പവർ ശക്തിയുടെ മൂർത്തി മനഭാവമായ ജബിരിൽ അലഹി ഈ വഹീന്റെ സന്ദേശവാഹകൻ എന്നതുകൊണ്ട് ആ ജിബിരിലിനെ അള്ളാഹു പരിചയപ്പെടുത്തിയത് നല്ല ശക്തിയുള്ള ആളെന്നാണ് നല്ല ശക്തിയുള്ള ആള് അങ്ങനെ അദ്ദേഹം ആകാശലോകത്ത് അദ്ദേഹം ആസനസ്ഥനായി ആ ജിബിരിൽ നബീസ്ന്റെ അടുത്തേക്ക് വന്നു അതിന് രണ്ട് വില്ലുകളുടെ അറ്റങ്ങൾ എത്ര അടുത്തിട്ടാണോ അത്ര വേനോട് അടുത്തു അങ്ങനെ അള്ളാഹുബൽ അലൈഹിന്റെ മാധ്യസ്ഥത്തിൽ തന്റെ അടിമക്ക് വഹി കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു ആ സന്ദർഭത്തിൽ മുഹമ്മദ് അലി സല്ലാഹു അലൈസ് തന്നെ ദൃഷ്ടികൊണ്ട് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒന്നിനെയും അദ്ദേഹം കളവാക്കിയിട്ടില്ല അദ്ദേഹം കാണുന്നത് സത്യസന്ധമായ കാഴ്ചകളാണ് സത്യസന്ധമായ ദൃഷ്ടാന്തങ്ങളാണ് എന്നിട്ട് പറയുന്നു ഈ ആകാശമണ്ഡലത്തിൽ എത്രയോ അത്ഭുതങ്ങളായ കാഴ്ചകൾ അദ്ദേഹം കണ്ടതിനെ കുറിച്ച് ഈ ഭൂമിയിലുള്ള അല്ലയോ വിവരം കുറഞ്ഞ മനുഷ്യന്മാരെ നിങ്ങൾ തർക്കത്തിന് മുതിരുകയാണോ അഫ തുമാറുനു അലാമയറ കൊല മറ്റൊരാ സന്ദർഭത്തിലും ജിബിരിലിനെ അള്ളാഹുസുഖാനോയുടെ അടുക്കൽ വെച്ച് അല്ലെങ്കിൽ അതിന്റെ അതിർത്തിയിൽ വെച്ച് അദ്ദേഹത്തെ കണ്ട് ഇന്ദിത്രത്തിൽ മുന്താ ആ മരത്തിന്റെ ആ അതിർത്തിയിൽ ഉള്ള സ്ഥിഥിറത് ആ എലന്ദ വനത്തിന്റെ അടുക്കൽ വെച്ച് കണ്ടിട്ടുണ്ട് ഇന്തഹ ജനത്തുൽ മഹുവ അവിടെയാണ് ആ സത്യവിശ്വാസികളെല്ലാം അഭയം തേടുന്ന അവർക്ക് വാസസ്ഥലമായിട്ടുള്ള ജന്നത്തുള്ളത് അതുകൊണ്ട് ഏഴാകാശങ്ങൾക്ക് മുകളിലും അത്യുന്നതമായ സ്ഥാനത്താണ് സത്യവിശ്വാസികൾക്ക് പ്രവേശിക്കുവാനുള്ള സ്വർഗ്ഗം അള്ളാഹു വസു ബെഹാനോ സംവിധാനിച്ചിട്ടുള്ളത് എന്ന് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഇന്തഹാ ജനത്തുൽ മഹുവ ഇതി അംശമായഅശ ആ സമയത്ത് ആ മരത്തെ പൊതിഞ്ഞുകൊണ്ട് ആ അതിർത്തി മരത്തെ പൊതിഞ്ഞുകൊണ്ട് എന്തെല്ലാം പൊതിഞ്ഞിട്ടുണ്ടോ അഥവാ ലബിസല്ലാ അലൈവല് വഴി അറിയിക്കുന്ന സന്ദർഭത്തിലുള്ള അതിന്റെ ഗാംഭീര്യവും അതിന്റെ ഭയപ്പാടും അതിന്റെ ഗൗരവവും എല്ലാം നിറഞ്ഞിട്ടുള്ള സാഹചര്യം മാ അവിടെ വെച്ച് അള്ളാഹുബെഹാൻ ഹിജാബില്ലാതെ അള്ളാഹുവിനെ കാണുകയും അള്ളാഹ് വസുബാൻ ലബിസാഹു അലൈവസ്മക്ക് ഹിജാബ് ഇല്ലാതെ അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തു എന്ന് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് ആ സന്ദർഭമാണത് അത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭം അങ്ങനെ നബിസ് അല്ലാ വലിസ്ലം അതബോടുകൂടി മര്യാദയോടുകൂടി അനുസ അനുസരണത്തോടുകൂടി താഴ്മയോടുകൂടി തന്റെ യജമാനായ റബ്ബിന്റെ മുമ്പിൽ മാസർ കണ്ണ് ഇടത്തോട്ടോ വരത്തോട്ടോ തെറ്റിപ്പോയിട്ടില്ല ഒമാ അത് എവിടെയാണോ നോക്കേണ്ടത് ആ നോക്കുന്ന സ്ഥാനത്ത് നിന്ന് തെറ്റിപ്പോയിട്ടില്ല എവിടെയാണോ നോക്കേണ്ടത് എത്ര ഭവ്യതയോടുകൂടിയാണ് നിൽക്കേണ്ടത് എത്ര ശ്രദ്ധാപൂർവ്വമാണോ കാഷ്ടങ്ങളും നിർദ്ദേശങ്ങളും ഏറ്റെടുക്കേണ്ടത് അതൊക്കെ നബിസ് അല്ലാ വലിസ്വല്ലം ഏറ്റെടുത്തു ആ നിലക്ക് അള്ളാഹുവിന്റെ അങ്ങേറ്റത്തെ അപാനമായ ആയത്വം ദൃഷ്ടാന്തവും ഈ സന്ദർഭത്തിൽ നബിസുല്ലാ അലൈഹി വല്ലമക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ ഒരുപാട് കാഴ്ചകൾ ഒരുപാട് അത്ഭുത ദൃഷ്ടാന്തങ്ങൾ ഈ യാത്രയിൽ നബിസ് അല്ലാ കാണിക്കപ്പെട്ടിട്ടുണ്ട് അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് വളരെ മഹത്തായ വളരെ പ്രാധാന്യം അർഹിക്കുന്ന പല ദൃഷ്ടാന്തങ്ങളും അവിടെ വെച്ച് നബിസല്ലാഹു അലൈഹി വല്ലം കണ്ടിട്ടുണ്ട് എന്ന് പറയാൻ കാരണം സഹോദരന്മാരെ ഈ നിലക്ക് പടച്ചവന്റെ അടുക്കൽ വളരെ ആദരവോടുകൂടി എത്തിപ്പെടുകയും അങ്ങനെ വളരെ ധൈര്യപൂർവ്വം ലബിസല്ലാ അലൈഹി വസ്ലുമ പ്രബോധന പ്രവർത്തനങ്ങൾ തുടർന്നു പോകാൻ പറ്റുന്ന വിധം അള്ളാഹുവിന്റെ മഹാത്ഭുതങ്ങൾ കാണിച്ച അദ്ദേഹത്തിന്റെ ഹൃദയത്തിനും മനസ്സിനും ശക്തമായ ധൈര്യം കൊടുത്ത ഒരു പിന്തുണ കൊടുത്ത ഒരു മൊഴിത്തായിരുന്നു ഇസ്രാ യുവറാജ് ആ കാര്യത്തെയാണ് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബുബാന ചരിത്ര സംഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്ന സജ്ജനങ്ങളിൽ നമ്മളെവിടെ പെരുമാറാകട്ടെ സഹോദരന്മാരെ സഹോദരികളെ ഒന്നുകൂടി അള്ളാഹുനെ സൂക്ഷിക്കുവാനും എന്നോടും നിങ്ങളോടും ഞാൻ വളർത്തുകയാണ് സംഭവത്തിൽ പല ദൃഷ്ടാന്തങ്ങളും ലബിസല്ലാ വലൈവല്ല കാണിക്കപ്പെട്ടു എന്ന് പറഞ്ഞു ശിക്ഷ അനുഭവിക്കുന്ന ചില ആളുകളെ ലബി കണ്ടു ഒരു വിഭാഗം ആളുകളുടെ നഖങ്ങൾ ചെമ്പിന്റെ നഖങ്ങൾ അതുകൊണ്ട് അവർ മുഖവും മാരടവും മാന്തിപ്പൊളിക്കുന്നുണ്ട് അങ്ങനെ അതിക്രൂരമായി ശിക്ഷിക്കപ്പെടുന്ന ആളുകൾ ആരാണ് എന്ന് ഇബിരിലിനോട് ലബിസ് അഹ് അലൈസ് തിരക്കിയപ്പോൾ ഇബിരിൽ പറഞ്ഞു അവര് ജനങ്ങളുടെ പച്ച ഇറച്ചി തിന്ന ആളുകളാണ് അര ഇറച്ചി തിന്നു പറഞ്ഞാൽ എന്താണ് റീബത്ത് പറയുക ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം പറയുക അതിനാണ് റീബത്ത് എന്ന് പറയാം അങ്ങനെ ജനങ്ങളുടെ മാനത്തെ നശിപ്പിച്ചുകൊണ്ട് അവരുടെ അഭിമാനത്തിൽ കൈയിട്ടുകൊണ്ട് അതിന് നശിപ്പിക്കുവാൻ ആവശ്യമായ വിധത്തിലുള്ള അപരാധങ്ങൾ പറഞ്ഞ് നടക്കുന്ന ആളുകളായിരുന്നു ഇവർ അവരാണ് അവടെ ശിക്ഷിക്കപ്പെടുന്നത് എന്ന് ജിബിനി അലൈഹി സ്വലാത്തു വസ്സലാം നബിസ് അല്ലാമുക്ക് വിശദീകരിച്ചു കൊടുത്തു അല്ലെ അഹമ്മദ് പിന്നെ നബിസ് വസ്ല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് തിരികെ വരുമ്പോൾ മൂസ നബി അലിസ്ലാമിന്റെ അടുക്കൽ എത്തുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ചോദിച്ചു മൂസ നബി സല്ലാവി എന്താണ് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് താങ്കൾക്ക് ലഭിച്ചത് താങ്കളുടെ സമുദായത്തിന് വേണ്ടി എന്താണ് ലഭിച്ചത് അപ്പോൾ നബിസ് അല്ലാഹു അലൈവ് പറയുന്നു അമ്പത് നേരത്തെ ഹംസീന വക്കെ അഞ്ച് അമ്പത് നേരങ്ങളിൽ നിർവഹിക്കേണ്ട ഒരു ദിവസം അമ്പത് നേരങ്ങളിൽ നിർവഹിക്കേണ്ട നമസ്കാരം അപ്പം മുസാൻ നബി അലൈഹി സ്വലം പറഞ്ഞു ഒന്ന് മടങ്ങി ചെന്നിട്ട് അതൊന്ന് കുറച്ച് തരാൻ പറയാം അവർക്കത് സാധ്യല്ല കാരണം ധാരാളം ദീർഘകാലം ആളുകളുടെ കൂടെ പ്രബോധനം ചെയ്ത് മനുഷ്യന്മാരുടെ എല്ലാ പ്രകൃതവും മനസ്സിലാക്കിയിട്ടുള്ള ഒരു പ്രവാചകനാണ് മൂസാ അലൈഹി ഇസ്ലാത്തു വസ്സലാം അത് എമ്പാടും ഇത്ര ചരിത്രം വിശദീകരിച്ച് വേറെ പ്രവാചിക്കുന്ന ഖുർആാനി വേറെയില്ല മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ബനോ കഥ പോലെ എന്തെല്ലാം സംഭവങ്ങളാണ് ഖുർആൻ വിശദീകരിക്കുന്നത് അങ്ങനെ നീണ്ട പല തിക്താനുഭവങ്ങളും അനുഭവമുള്ള മൂസാ അലി പറഞ്ഞു താങ്കളുടെ സമുദായത്തിന് ഇത് താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് പടച്ചോറിന്റെ അടക്കിലേക്ക് തിരിച്ചു ചെന്നതിൽ ലഘൂകരണം ആവശ്യപ്പെടണം ഇന്ന് കുറച്ചു നേരം പറഞ്ഞു അങ്ങനെ അദ്ദേഹം പോയി ജിബിരി ഇസ്ലാമിനോട് മുഷാവറ നടത്തി അങ്ങനെ താങ്കൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോകാമെന്ന് പറഞ്ഞു അവിടെ എത്തി അള്ളാഹുവിനോട് ഇത് കുറയ്ക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോ കുറച്ച് കുറച്ചു തിരിച്ചു വന്നു മൂസഅലി ഇസ്ലാത്തു വസ്സലാമിനോട് പറഞ്ഞു പത്ത് കുറച്ചിട്ടുണ്ട് പിന്നെ വീണ്ടും മൂസ പറയുന്നു പാടില്ല അതൊന്നും പത്ത് പോരാ ിയും കുറക്കണം കാരണം നിന്റെ ആളുകൾക്ക് അത് കേൾക്കാൻ കഴിയില്ല അങ്ങനെ പലതവണകളായി പോയി തിരിച്ചു വന്നു പോയി തിരിച്ചു വന്ന് അവസാനം അഞ്ചു നേരമായപ്പോൾ മുഹമ്മദ് മുസ്തഫലാഹ് അലി വസ്ല്ലം പറഞ്ഞു കതി ഇനി വീണ്ടും ഈ അഞ്ചും കഴിയില്ല ഞങ്ങൾ ഒന്നുകൂടി പോയി കുറച്ചു നേരം പറയും മുസാൻ അലി പറഞ്ഞപ്പോ നബി സല്ലാ പറഞ്ഞു കദിസ്തഹിമർ റബ്ബി ഇനി എന്റെ രക്ഷിതാവിനോട് പോയി ഇത് ആവശ്യപ്പെടാൻ എനിക്ക് നാണമാണ് അതുകൊണ്ട് അതെനിക്ക് ആവശ്യപ്പെടാൻ നിവൃത്തിയില്ല എന്ന് അദ്ദേഹം പറയുകയും മാത്രമല്ല ഞാൻ ഞാൻ അത് അംഗീകരിക്കുന്നു ഞാനത് സംതൃപ്തമായി സ്വീകരിക്കുന്നു ഞാൻ അതിനെ സമ്പൂർണമായും കീഴ്പ്പെടുന്നു ഞാൻ ആ നിർദ്ദേശം പാലിക്കുന്നു എന്ന് മുഹമ്മദ് പറഞ്ഞു ആ സമുദായത്തിൽ ഒരു അശലീരി കേൾക്കുകയാണ് എന്റെ അടിമകളുടെ മേൽ നിർബന്ധമാക്കാൻ പോകുന്ന കൽപ്പന ഇതാ നടപ്പാക്കിയിരിക്കുന്നു എന്റെ അടിമകളുടെ മേൽ ഞാൻ ലഘൂകരണം നിർവഹിച്ചിരിക്കുന്നു അഥവാ അവരെ സംബന്ധിച്ചിടത്തോളം എന്റെ കൽപ്പന അമ്പത് നേരത്തെ നമസ്കാരമായിരുന്നു അത് അവർ നിർവഹിച്ചതിന്റെ പ്രതിഫലം അവർക്കുണ്ടാകും പക്ഷെ ചെയ്യേണ്ടത് അഞ്ചു നേരം ചെയ്താൽ മതി അപ്പൊ അഞ്ചു നേരം പ്രവർത്തിക്കണം പക്ഷേ അമ്പത് വക്തിന്റെ കൂലിയാണുള്ളത് ഏത് ഒരു വിവാദത്തിനും അത് ഒരാൾ ഒരു തവണ ചെയ്താൽ പത്ത് തവണ ചെയ്തതിന്റെ പ്രതിഫലമാണ് അള്ളാഹുഹു സുബഹാന സത്യവിശ്വാസികൾക്ക് നിശ്ചയിച്ചിട്ടുള്ളത് അതുകൊണ്ട് അഞ്ചു നേരത്തെ നമസ്കാര നിർവഹണവും അമ്പത് നമസ്കാരത്തിന്റെ പ്രതിഫലവും ഇത് അള്ളാഹു സുബാനഉത്തല നിശ്ചയിച്ചു അത് ഈ സമുദായത്തിനുള്ള ഒരു പ്രതിഫലമാണ് ഈ സമുദായത്തിനുള്ള ഒരു ആദരവാണ് അവർക്കുള്ളൊരു പ്രത്യേകമായ അംഗീകാരമാണ് നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാരെ ഇങ്ങനെ മുഹമ്മദ് മുസ്തഫ സല്ലാ വസ്ല്ലം ഈ സംഭവങ്ങൾക്കെല്ലാം സാക്ഷിയായി തിരിച്ചുവന്ന് അദ്ദേഹം മിജർ ഇസ്മായിൽ ഇരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം അവിടെയുള്ള അറബികളോട് പ്രത്യേകിച്ച് കുറേശികളോട് തന്റെ ഈ സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞു അവര് ഇതുവരെയും അദ്ദേഹത്തെ എങ്ങനെ കളവാക്കിയോ അതിനേക്കാൾ രൂക്ഷമായി പരിഹസിക്കാൻ തുടങ്ങി അതിനേക്കാൾ രൂക്ഷമായി പരിഹസിക്കാൻ തുടങ്ങി മാത്രമല്ല അവരിൽ ഒരു സംഘം ആളുകൾ അപ്പുമൊക്കെ ശ്രദ്ധിക്കറിയല്ലോ അവരുടെ അടുക്കലേക്ക് ചെന്നു എന്നിട്ട് പറഞ്ഞപ്പോ കണ്ടില്ലേ എന്റെ സാഹിബ് അയാള് ഇന്നലെ രാത്രി ഒരട്ട് രാത്രി കൊണ്ട് ബൈക്കിൽ മുഖത്ത് പോയി വന്നോലോ അവിടെ നിന്ന് ബൈത്തർ മുഖദ്സിൽ പോകാൻ മാത്രല്ല എല്ലാ ആകാശങ്ങളും താണ്ടി അത്യുന്നതമായ സ്ഥലങ്ങളിലെത്തിരിച്ചു വന്നു എന്നദ്ദേഹം പറയുന്നു ഇതൊരു ഭ്രാന്തിന്റെ ലക്ഷണമാണ് ഇതല്ലെങ്കിൽ ഒരു മഹാബിഡിത്വമാണ് പറയുന്നത് അപ്പൊ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നാൽ അത് ശരിയാണ് അതിനെക്കുറിച്ച് പിന്നെ ചോദ്യമില്ല മുഹമ്മദ് സ്വന്തം ഇഷ്ടപ്രകാരം എന്ന് പറയുന്ന ആളല്ല പ്രവാചകൻ അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളെല്ലാം പടച്ചവന്റെ നിർദ്ദേശപ്രകാരം പറയുന്നതാണ് അദ്ദേഹം അത് വിശ്വസിക്കുന്നു അങ്ങനെയാണ് അബുബക്കർ അംഗീകരിക്കുന്ന ആള് സത്യപ്പെടുത്തുന്ന ആൾ എന്ന അദ്ദേഹത്തിന് ഈ സംഭവത്തിന്റെ പേരിലാണ് വരുന്നത് അങ്ങനെ പല രൂപത്തിലുള്ള ചോദ്യങ്ങളും ചോദിക്കാൻ തുടങ്ങി നബിസല്ലാ വല്ലമയുടെ ഹദീസിൽ ബുഹാരി മുസ്ലിം ഉദ്ധരിച്ച ചരിത്ര സംഭവത്തിൽ പറയുന്നത് നബിസല്ലാഹ് അലൈവിയോട് പലതവണയായി യാത്ര ചെയ്ത് ബൈക്കിൽ മുഖത്ത് കണ്ട അറബികൾ കുറേശികൾ അതിന്റെ വാതിലുകളും അതിന്റെ ലക്ഷണങ്ങളും എന്റെ രൂപവും വന്നിട്ട് സ്വഭാവമൊക്കെ ചോദിക്കാറായി പക്ഷെ അവർ ഒറ്റ യാത്രകൊണ്ട് ലഭ്യ അതൊക്കെ പഠിച്ചു വന്നിട്ടുണ്ടാവും അപ്പോൾ വളരെ മാനസികമായ പ്രയാസം ഇതുപോലെയുള്ള ഒരു ക്ലേശം ഞാൻ അനുഭവിച്ചിട്ടില്ല ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ അപ്പോൾ അള്ളാഹുസ്ബാൻ അഹു തല എന്റെ മുമ്പിൽ ആ വീടെടുത്ത് കാണിച്ചു ബൈബിൾ മുഹമ്മദ് തരികയും അങ്ങനെ അവർ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും എനിക്ക് ഉത്തരം പറയാൻ സാധിക്കുകയും ചെയ്തു എന്ന് വിസല വല്ലൈവസ് പറയുന്നു അത് പഠിച്ചവൻ ചെയ്തൊരു സഹായമാണ് അങ്ങനെ ഉത്തരം പറഞ്ഞിട്ടുണ്ടോ അവർ വിശ്വസിക്കുന്നു മാത്രമല്ല അവൾ ഒരു കച്ചവട സംഘം വരുന്നുണ്ടായിരുന്നു സ്വാഭാവികമായും മക്കയിൽ നിന്ന് പലസ്തീനിലേക്ക് പോയി തിരിച്ചു വരുന്ന വഴിയിലുള്ള ഈ കച്ചവട സംഘത്തെ കണ്ടിരിക്കണം അതിൽ ആരൊക്കെയാണ് കച്ചവട സംഘത്തിലുള്ളത് ആരാണ് മുന്നിലുള്ളത് ആരാണ് പിന്നിലുള്ളത് ഒട്ടകത്തിന്റെ എണ്ണം എത്ര പല ചോദ്യങ്ങളും അവർ ചോദിച്ചു നബിസല്ലാ അലൈഹി സ്വലാമത്ത് മുഴുവൻ അവർക്ക് പറഞ്ഞുകൊടുത്തു എന്നിട്ടും അവർ വിശ്വസിച്ചോ അവരുടെ ധിഖാരവും അവരുടെ നിഷേധവും പൂർവാധികം ശക്തിപ്പെടുകയാണ് ഉണ്ടായത് എല്ലാ സത്യസന്ധമായ കാര്യങ്ങൾ നബി സല്ലാ അലൈഹി സ്വലം അവരോട് വിശദീകരിച്ചിട്ടു അപ്പൊ സഹോദരന്മാരെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ മുഹമ്മദ് മുസ്തഫ സലാ അലൈഹി സ്വലമിന്റെ ജീവിതത്തിലൂടെ ഒരു മോൾസത്ത് ആയി അള്ളാഹു സുബാനെ കാണിച്ചു കൊടുത്തു ആ സംഭവത്തെ കുറിച്ച് വിശ്വ സുഹാൻ പരാമർശിച്ചു സൂറത്ത് ഇസ്രായേൽ പരാമർശിച്ചു സൂഹത്ത് നജുബിൽ പരാമർശിച്ചു ഇങ്ങനെ ഈ ചരിത്ര സംഭവം യാഥാർത്ഥ്യമായി നബിക്ക് സംഭവിച്ചു അങ്ങനെ ആ മഹാ അത്ഭുതത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പല നേമത്തുകളും അനുഗ്രഹങ്ങളും ഉണ്ടായി നമുക്ക് നമ്മുടെ ആരാധനകൾ കുറച്ച് നൽകപ്പെട്ടു വർദ്ധിച്ച പ്രതിഫലങ്ങൾ നമുക്ക് നിശ്ചയിക്കപ്പെട്ടു ഇങ്ങനെയെല്ലാമുള്ള അനുഗ്രഹങ്ങൾ നൽകപ്പെട്ട ഈ സമുദായമാണ് പരലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സമുദായം എന്ന് മുഹമ്മദ് മുസഫലം പറഞ്ഞു മറ്റുള്ളവരെക്കാൾ പല സമുദായക്കാരും അവരുടെ പ്രവാചകനോടൊപ്പം വരുമ്പോൾ മുഹമ്മദ് സലാഹു അലിസ് ഇനിയും മുഖാത്തിനും ബിക്കും ചെയ്യാന് കൂടുതൽ അനുയായികളുള്ള പ്രവാചകൻ എന്ന നിലക്ക് മറ്റുള്ളവരോട് ഞാൻ മേനി പറയും അഭിമാനം പറയും എന്ന് മുഹമ്മദ് പക്ഷേ നമ്മുടെ മനസ്സിലും നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ചിന്തയിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും ഇങ്ങനെയുള്ള ഒരു ബോധം നമുക്കള്ളാഹു നൽകിയ ആദരവ് നമുക്ക് അല്ലാഹു നൽകിയ പ്രത്യേകത നമുക്ക് അല്ലാഹു നൽകിയ സമ്മാനങ്ങൾ ഇതിനെക്കുറിച്ച് ബോധമുണ്ടോ അതോ നമ്മൾ അശ്രദ്ധരാണ് ഈ നമസ്കാരത്തിന്റെ വിഷയത്തിൽ പോലും നമ്മൾ അശ്രദ്ധരാണോ അഞ്ചു ജിൻ നിർവഹിച്ചോ അമ്പത് തരാം പക്ഷെ ആ ഓഫർ ആരാണ് സ്വീകരിക്കുന്നത് ചെറിയ ചെറിയ ഓഫർ ഇവിടെ ഈ പല കച്ചവട സ്ഥാപനങ്ങളും ഓഫർ പ്രഖ്യാപിക്കുന്ന വേനൽക്കാലമാണ് എന്താണവിടെ തിരക്ക് പക്ഷെ പള്ളി തിരക്കില്ല പ്രത്യേകിച്ച് സുബൈ സംസ്കാരം നേരായത് കൊണ്ടിപ്പം സഫുൽ ഒക്കെ ഒഴിവാ കാരണം സാധാരണ സുബൈ ജമായത്തിനെത്തിയിരുന്ന ആളുകൾ സുബൈ നേരത്തെ ആയതുകൊണ്ടിപ്പം വരല്ല അത് ഉറക്കു പിത്തനാവും രണ്ടെണ്ണം ഒന്ന് മുറിച്ച് ഉറക്കാൻ വയ്യ അന്ന് ഉറങ്ങുന്നത് ഒറ്റ വൺ ഓഫ് ടൈം ഒറ്റ നേരെ അങ്ങ് ഉറങ്ങണം സഹോദരന്മാർ അതല്ല സുബൈ നമസ്കാരത്തിന്റെ മുമ്പയിൽ അലാറം വെച്ച് എഴുന്നേറ്റ് പള്ളിയിലേക്ക് വരണം അങ്ങനെ ഒരാൾ സുബൈ നമസ്കാരം ജമായത്തായി നിർവഹിച്ചാൽ മുഹമ്മദ് മുസ്തഫ സല്ലാഹുലി പഠിപ്പിച്ചിട്ടുണ്ട് രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചവന്റെ കൂടിയാണ് അവനുള്ളത് സുബൈ നമസ്കാരം യുവാമിനോട് ജമായത്തായി നമസ്കരിച്ചാൽ മാത്രമല്ല അവൻ അള്ളാഹുവിന്റെ നിമത്തിലാണ് എന്ന് നബിസ് അള്ളുഹുലം പറഞ്ഞിട്ടുണ്ട് പടച്ചോറിന്റെ കാവലിലാണ് പിന്നെ ബാക്കിയുള്ള ആ പകൽ മുഴുവനും ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ ഇസ്ലാം നൽകുമ്പോൾ പ്രവാചകൻ നൽകുമ്പോൾ കേൾക്കാനാളുണ്ടോ ഇല്ല പക്ഷെ എന്നെ പാടില്ല സഹോദരന്മാരെ ഈ ജുമാക്ക് വന്ന ആൾക്കാരൊക്കെ മുസ്ലിങ്ങളാണ് സത്യവിശ്വാസികളാണ് എന്റെ സംസാരം തിരിയുന്ന ആളുകളാണ് നിങ്ങളൊക്കെ പള്ളിയിലുണ്ടാണ് സുബയിൽ കടന്നുറങ്ങാൻ പാടില്ല കാരണം അതാണ് മുസ്ലിമിന്റെ സ്വഭാവം അത് അംഗീകരിക്കലും അത് അനുസരിക്കലും അത് നടപ്പാക്കലുമാണ് അവരുടെ ഡ്യൂട്ടി ചരിത്രം കഥകളെല്ലാം കേട്ട് ആവേശം കൊണ്ട് കാര്യമില്ല ഈ ചരിത്രകഥകൾ പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ മാറ്റമുണ്ടാകാൻ വേണ്ടിയാണ് നമുക്ക് വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഇസ്ലാമിലേക്കുള്ള നമ്മുടെ തിരിച്ചുവരവ് ആക്കം കൂട്ടാൻ വേണ്ടിയാണ് അള്ളാഹുസുബാനോത്തൽ അത്തരം സജ്ജനങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ റഹ്മാനായ അറപ്പ് അള്ളാഹുവിന്റെ നീന് കേട്ട് അത് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തുവാൻ നമുക്ക് തോഫി നൽകുമാറാകട്ടെ എല്ലാവിധ പൈശാചിക ദുർബോധനങ്ങളിൽ നിന്നും ആ പിശാചെ നമുക്കുണ്ടാക്കുന്ന ഉപദ്രവങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനോത്തൽ നമ്മളെ സംരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ സഹോദരൻ അബ്ദുൽ അസീസ് ബേരാമ്പ്ര അതുപോലെ തന്നെ കുഞ്ഞോമ്മൽ പേരാമ്പ്ര ഈ രണ്ട് സഹോദരന്മാരുടെയും മാതാവ് അസുഖമായി ആശുപത്രിയിലാണ് എന്ന് വിവരം കിട്ടിയിട്ടുണ്ട് പടശ്വതം പുരാൻ ആ സഹോദരിക്ക് എത്രയും രോഗശമനം പെട്ടെന്ന് രോഗശമനം നൽകുമാറാകട്ടെ അവരുടെ കുടുംബത്തിന് ആ രോഗശമനത്തിലൂടെ അള്ളാഹു സുബ്രഹാനെത്തിൽ സമാധാനവും ആശ്വാസവും കൊടുക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരിച്ചുപോയ എല്ലാ സത്യവിശ്വാസികൾക്കും അള്ളാഹു പറലോകത്തും റഹമത്തും കൊടുക്കുമാറാകട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് അബ്ബു ആശ്വാസവും അതുപോലെ തന്നെ ആഫിയും റബ്ബന اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم وفق المؤمنين والمؤمنات والمسلمين والمسلمات والاحياء من الممات انك مجيب الدعوات يا قاضي الحاجات اللهم اجعل جمنا هذا جمنا مرحوما وجعل تفرقنا من بعده تفرقا معسوما Allahumma la tajājalma'ā na walafina shakiyyan wala mahrumā wayb-bāna athina capacity mundia hsona wakullā LA-akhra. Tichi yatat Moktinai hadāb an-nar wa-akhir-da'owāna. Ah invit sair to kann allā. Allahumma salli wa sallim win būbārika. Allahumma salli wowī iacondiеля huayib bía mehāmoda. Alaa alakino.